തന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് തനിക്ക് അവതരിപ്പിക്കപ്പെട്ട കാര്യത്തിൽ ദൂതൻ വിശ്വസിച്ചു വിശ്വാസികളും വിശ്വസിച്ചു എല്ലാവരും അള്ളാഹുസുബാനഹൂവച്ചായാലും അവന്റെ മലക്കുകളിലും അവന്റെ വേദഗ്രന്ഥങ്ങളിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിച്ചു അവന്റെ ദൂതന്മാരിൽ ഒരാളെയും ഞങ്ങൾ വേർതിരിക്കുകയില്ല എന്ന് അവർ പറഞ്ഞു അവർ പറഞ്ഞു ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു ഞങ്ങളുടെ രക്ഷിതാവേ നിന്റെ പാപമോചനത്തെ ഞങ്ങൾ തേടുന്നു നിന്നിലേക്കാണ് മടക്കം